ിശത്ത് മാ വഹന്തീ വിതന് കൂർ ചിരമാത്മന മമ ഗാവശന്നേജസമാവഹ നോമസം പശുഭസ്സഹ സ്വാഹുമാുബ്രഹാരണ സ്വാഹ ു ബ്രഹ്മചാരി സ്വാഹ മന്ത്രത്തിന്റെ ജപം തന്നെ ഉപാസനം അർത്ഥബോധത്തോടുകൂടി അത് ജപിക്കുമ്പോൾ അത് ഉപാസനായി ഫലം മേധ മേധാകാമസ്യടുത്ത് ഹോമാർ അധുന ശ്രീകാമസ്യ മന്ത്ര ഉച്ച ഇനി ശ്രീകാമസ്യ ഐശ്വര്യത്തെ കാമിക്കുന്നു അവന് ഹോമാർത്ഥ ഹോമത്തിനു വേണ്ടിയുള്ള അതായത് ഈ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം ചെയ്യണം അഗ്നിയിൽ ഹാവിസർപ്പിക്കും അതിനു വേണ്ടിയിട്ടുള്ള മന്ത്ര ഉച്ചന്തി നാവഹന്തി ആനയന്തി വിതന്വന വിസ്താരയന്തി തനുദ് ഹിസ്കർമുതി ആനയന്തി പ്രാർത്ഥനയാണ് വി എങ്ങനെയർത്ഥമെന്ന് പറയുന്നു തനോദേഹി തത്കർമ്മ തനുധാതു തത്കർമ്മം അതാണതിന്റെ അർത്ഥം അതാണ് ധാത്വ അർത്ഥം ക്രിയാതാണ് വലുതാക്കുക കുർബാണ നിർവർത്തയന്തി അച്ചീരം ആത്മനം അച്ചിരം ക്ഷിപ്രം വേഗം ഛാന്തസ്വദീർഘ അചിരം എന്നാണ് പ്രയോഗിക്കുന്നത് വേദത്തിൽ അചീരം എന്ന് ഉപയോഗിച്ചു ചിരംവാക്കുർവാണ ഇതെല്ലാം വലുതാക്കട്ടെ കൊണ്ടുവരട്ടെ വേഗം എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താണ് എന്തിനു കൊണ്ടുവരട്ടെ എന്നാണ് ആർക്കാണ് അതാദ്യം പറയുന്നു ആത്മനഹ മമ എനിക്കിതെല്ലാം ലഭിക്കട്ടെ എന്നാണ് ശ്രീ ഐശ്വര്യം ശമസി വസ്ത്രമേണു മോകളെ ദ്ധീയഭു ഗം ഗാവ കർമ്മമാണ് അതുകൊണ്ട് തന്നെ വിധിയെ ബഹുനുമാക്കി പശുക്കൾ വരട്ടെ വസ്ത്രങ്ങൾ ഉണ്ടാകട്ടെ സർവത സദാ അന്നപാനം ലഭിക്കട്ടെ സാധാരണ മനുഷ്യന്റെ കാമ്യമായ വിഷയങ്ങളെ പ്രാർത്ഥിക്കും കാമനകൾ വസ്ത്രം അന്നപാനം ഗോ എന്ന് സമ്പത്ത് ഇതെല്ലാം ഉണ്ടാകട്ടെ നിർവർത്തനുർവാണ ശ്രീഹി ഇതിനെല്ലാം നൽകുന്നതായ ഐശ്വര്യം ഐശ്വര്യം അത് ഉണ്ടാകട്ടെ എന്നും അതാണ് തഥോ മേശം ആവഹ തഥ അനന്തരം അതിന് ശേഷം മേധാ നിർവർത്തന പരം ആദ്യം ബുദ്ധി ഉണ്ടാവട്ടെ ആ ബുദ്ധി ഉണ്ടായതിനു ശേഷം ഇതെല്ലാം ഉണ്ടാവട്ടെ സമ്പത്ത് ഉണ്ടാവട്ടെ എന്നാണ് ഇവിടെ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ബുദ്ധി മറ്റൊന്ന് സമ്പത്ത് ഐശ്വര്യം അതുണ്ടാവട്ടെ അനയധസോ ഹി സ്ത്രീയുടെ അനർത്ഥായി വേണ്ടി നമ്മുടെ ആദ്യം മേധ ബുദ്ധി രണ്ടാമത് സമ്പത്ത് ഇതെല്ലാം എന്തിനുവേണ്ടി പറയുന്നു അമേധസോ ബുദ്ധി ഇല്ലാത്തവന് വിവേകമില്ലാത്തവനെന്ന് സ്ത്രീ ഹി അനർത്ഥായം അനർത്ഥത്തിനായി തീരും ഐശ്വര്യം അനർത്ഥത്തെ ഉണ്ടാകും ബുദ്ധി എന്ന് പറഞ്ഞാലിവിടെ വിവേകം വിവേകമില്ലാത്തവൻ ഐശ്വര്യം കൊണ്ട് മത മത്സരങ്ങളെല്ലാം ഉണ്ടാകും മതവിനർത്ഥത്തിലേക്ക് നയിക്കും അതുകൊണ്ട് പറയുന്നു തത്വം ആദ്യം ബുദ്ധിമേത തുടർന്ന് ഐശ്വര്യം കിംവിശിഷ്ടാം എങ്ങനെ എന്താണ് ഐശ്വര്യത്തിൽ എന്തൊക്കെ എന്തൊക്കെയാണ് ലഭിക്കേണ്ടതു പറയുന്നു ലോമസ അജ അവി ആദിയുക്താം അന്വേഷ പശുപി സംയുക്തം ആവഹ ഇത് ഇവിടെ ഹവിസർപ്പിക്കുകയാണ് സ്വാഹ എന്ന് പറഞ്ഞു സാധാരണ ഓരോ ഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഹവിസർപ്പിക്കുന്നത് നടത്തുന്നതുപോലെ ഇവിടെയും പറയുന്നു എന്താണ് അജ അവ്യാധിയുക്താം കോലാട് ചെമ്മരിയാട് ലോമസാൻ അതിനെ വളർത്തുന്ന രോമത്തിന് വേണ്ടിയാണ് കമ്പ്ളി അങ്ങനെയുള്ള ധാരാളം രോമങ്ങളുള്ള ആട് അന്വേഷിച്ച പശു മറ്റ് ജീവികൾ ഉപയോഗമുള്ള സംയുക്ത അവഹ അതൊക്കെയായിരുന്നു അന്നത്തെ സമ്പത്ത് നിത്യധികാരാദ് ഇതാരോടാണ് പ്രാർത്ഥിക്കുന്നത് മുമ്പ് പറഞ്ഞത് എച്ഛന്ദസാം വിഷഭു എന്ന് പറഞ്ഞ ഓങ്കാരത്തെയാണ് അധികാരാ അതാണ് പ്രകരണം ഓങ്കാരത്തിൻ്റെ പ്രകടനമാണ് അതുകൊണ്ട് ഓങ്കാരം ഓങ്കാരത്തിലൂടെ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുകയാണ് ഏവ വിസമ്പതയും എനിക്ക് ധാരാളം സമ്പത്തുണ്ടാകട്ടെ സ്വഹ സ്വഹാകാരോ ഹോമാർ മന്ത്രജ്ഞാപനാർത്ഥ ഹോമം മന്ത്രമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് സ്വാഹ ഉപയോഗിക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും സ്വാഹ എന്നുകൊണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് ഹോമത്തിന് വേണ്ടിയുള്ളതാണ് ഹവിസ് അഗ്നിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അപ്പൊ ഈ മന്ത്രം ചൊല്ലി ഹവിസ് അർപ്പിക്കണം ആയന്തുമാവിധി വിവിധേന സംബന്ധ അടുത്തു വരുന്നത് അതിന്റെ ഭാഗമാണ് ഐശ്വര്യത്തിന്റെ ഭാഗമാണ് ബ്രഹ്മചാരണ മാസർഗങ്ങളെല്ലാം കരിയോട് ചേർക്കണം ആ എന്നെ മാ എന്ന് പറയുന്നത് മാ എന്നെ ഞങ്ങളെ പ്രാപിക്കട്ടെ മാം സു ബ്രഹ്മചാരണ സ്വാഹ അപ്പൊ ഇത് വൈദിക ഗുരുകുലത്തിലാണ് മന്ത്രം ഉച്ചരിക്കുന്നത് ആചാര്യന്മാരും അധ്യേതാക്കളും ഒരുമിച്ചതുച്ചരിക്കുകയാണ് ചൊല്ലിക്കൊടുക്കുന്നു അവിടെ ഇത് ഹോമത്തിനതുപയോഗിക്കുന്നു ബ്രഹ്മചാരണ ആയന്തു എന്ന് പറയുന്നു ബ്രഹ്മചാരികൾ വന്നുചേരട്ടെ ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ വേദ അധ്യയനത്തിന് വേണ്ടി വ്രതത്തെ അനുഷ്ഠിക്കുന്ന അതാണ് ബ്രഹ്മചാരി അതാണ് അതിൻ്റെ വൈദികമായിട്ടുള്ള അർത്ഥം അത് പിന്നീട മറ്റർത്ഥങ്ങളൊക്കെ വന്നത് വേദ അധ്യയനം ചെയ്യുന്നതിന് നിയമപൂർവ്വം ഗുരുഗ്രഹത്തിൽ വസിക്കുന്നു ബ്രഹ്മചാരി അങ്ങനെയുള്ള ബ്രഹ്മചാരികൾ വന്നുചേരട്ടെ ഗുരുകുലത്തിലേക്ക് വന്നുചേരട്ടെ സ്വാഹ അർപ്പിക്കുന്നു ഐശ്വര്യത്തിന്റെ ഭാവമാണ് കാരണം ഈ വേദം അധ്യയന അധ്യാപന പരമ്പരയിലൂടെയാണ് നിലനിർത്തുന്നത് അത് അധ്യയനത്തിനാണില്ലെങ്കിൽ ഈ വൈദിക പാരമ്പര്യം നഷ്ടപ്പെട്ടു അത് നിലനിർത്തണം ആ പരമ്പരയിലാണ് ഈ ആത്മജ്ഞാനവും ഉപാസനകളും എല്ലാം നിലനിൽക്കുന്നത് ആ പരമ്പരയെ നിലനിൽക്കണമെങ്കിൽ അധ്യയനം അധ്യാപനം അത് തുടർന്നും നടക്കണം അത് നടക്കണമെങ്കിൽ അധ്യേതാക്കൾ വേണം അവിടെ പഠിക്കുന്നവര് വേണം അവരാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മചാരണഹ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് ഐശ്വര്യത്തിന്റെ ഭാഗമാണ് വന്നുചേരട്ടെ ആ എന്തു വന്നുചേരട്ടെ അതിനും പറയും എല്ലാ ഭാഗത്തുനിന്നും വന്നുചേരട്ടെ സ്വാഹ ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഉപാസനയാണ് ഉപാസനയുടെ ഭാഗമാണ് അത് തുടർന്നു വരുന്ന ഭാഗങ്ങൾ പലതരത്തിലും എങ്ങനെയുള്ള ബ്രഹ്മചാരികൾ വന്നാൽ പോരാ ഉറക്കം തോന്നികൾ വന്നാൽ പോരാ യോഗ്യത ഉള്ളവർ വേദം ചൊല്ലുമ്പോൾ ഉറങ്ങി പോകാത്തവർ ബ്രഹ്മചാരി എല്ലാ ഗുണങ്ങളും ഉണ്ട് ഗ്രഹണധാരണ പടുക്കളായ അതാണ് അങ്ങനെയുള്ളവർ വരട്ടെ അതാണ് യോഗ്യത പ്രധാനമായ യോഗ്യത ഗ്രഹിക്കാനും ഗ്രഹിച്ച് ധരിക്കാനും യോഗ്യതയുള്ളു അങ്ങനെയുള്ളവർ വരട്ടെ എന്നാൽ മന്ദബുദ്ധിയോട് ഒരുപാട് കൂടിയിട്ട് കാര്യമില്ല ഇത് രണ്ടും വേണം ബ്രഹ്മചാരണ സ്വാഹ സമതമാദി ഗുണങ്ങളുള്ളവർ അവരുടെ പറയുന്നു സയന്തു സയന്തു ബ്രഹ്മചാരണ സ്വാഹ സമതമാദി യോഗ്യതകളുള്ളവർ കാരണം ഗുരുകുലത്തിൽ അടങ്ങി നിന്ന് അധ്യയനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തിയാക്കും ഗുരുതലത്തിൽ വന്നാൽ പോരാ അധ്യയനം പൂർത്തിയാക്കി സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോണം മത്സ്യ മതമാദികളെല്ലാം ഉള്ളവനായിരിക്കും ഇനി മടങ്ങിപ്പോകുമ്പോൾ അവരോട് പറയുന്ന ഉപദേശങ്ങൾ എല്ലാം പറയുന്നുണ്ട് അധ്യയനം പൂർത്തിയാകണം അതുകൊണ്ട് അങ്ങനെ യോഗ്യതകളുള്ള ബ്രഹ്മചാരികൾ വന്നുചേരട്ടെ വേദപാരമ്പര്യം നിലനിൽക്കട്ടെ വിദ്യാപാരമ്പര്യം ഉപാസനയുടെ പാരമ്പര്യം നിലനിൽക്കട്ടെ അതെല്ലാം ഐശ്വര്യത്തിന്റെ ഭാഗമാണ് അതും ഇവിടെ ഉപാസനാരൂപത്തിൽ പറയുന്നു ീ വിതന് കീരമാത്മനസി മമ ഗാവശാ അന്നേജസമാവശം വശുഭസ്സഹ സ്വാഹ സ്വാഹ <imāyindu> ശ്രേയാന്ം ക്സ്ഹസ്രശാഖേ ഭഗഹം ജേ സ്വാഹാഹ പ്രവത യഥാസഹർജം മാം ബ്രഹ്മചാരണ ധാതരാ എന്ത ഹോമത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് യേശോ യശോസ്സി ജനേ ജനസമൂഹെ അസാനി ഭവാനി താൻ യശസ്വിയായി തീരട്ടെ ജനസമൂഹേ അസാനി ഭവാനി ഇവിടെ ആ ഉപാസകന്റെ പ്രാർത്ഥനയുണ്ട് താൻ യശസ്വിയായി തീരട്ടെ തീർത്തിയുള്ളവനായിത്തീരട്ടെ ഇവിടെ ജനസമൂഹത്തിൽ അങ്ങനെ ഭവിക്കട്ടെ എന്ന് ശ്രേയാൻ ശ്രേയാൻ പ്രശസ്തിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു വസ്യസോ ി ഇവിടെ വസു എന്ന് പറയുന്ന ശീലം അർത്ഥത്തിലുള്ളതാണ് ശ്രേഷ്ഠമായ ശീലത്തോടുകൂടിയനാകട്ടെ അങ്ങനെ പറയാം അങ്ങനെ പറയാം ഛാദനം എന്നുള്ള അർത്ഥമുണ്ട് ആർത്ഥത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട് ഗുരുകുലത്തിൽ താമസിക്കുകയാണ് ബ്രഹ്മചാരികൾ പരന്റെ അന്യന്റെ ദോഷങ്ങളെ അച്ഛാദനം ചെയ്യുന്ന ശീലമുള്ളവനാകട്ടെ എന്നുവെച്ചാൽ പരദോഷം പറയാത്തവനാകട്ടെ പരദൂഷണം പറയാത്തവനാകട്ടെ അങ്ങനെ ഒരർത്ഥവും പറയാം കാരണം കുറച്ചധികം ആൾക്കാർ ഒരിടത്ത് താമസിക്കുമ്പോൾ പരിദൂഷണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അടിയും പിടിയും നടക്കും അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ പരദോഷാച്ഛാദനശീലനായിരിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും എല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലാതിരിക്കട്ടെ സ്വാഹ എന്നാണ് അത് പിന്നെ വസിക്കുന്നവനെന്നുള്ള അർത്ഥമുണ്ട് ആ അർത്ഥത്തിനും പറയാം ദീർഘകാലം ഗുരുകുലത്തിൽ താമസിക്കുന്നവനാകട്ടെ എന്നുവെച്ചാൽ ഈ വിദ്യ പൂർത്തിയാക്കുന്നവനാകട്ടെ വേദാധ്യയനം സമാവർത്തനം വരെ ഗുരുകുലത്തിൽ കഴിയട്ടെ അങ്ങനെയാകാം അങ്ങനെ പല അർത്ഥങ്ങളവിടെ ഇനി ഇന്നുമ്പോൾ പറഞ്ഞതുപോലെ വസുവിന് സമ്പത്തെന്നർത്ഥമുണ്ട് വസുധനം ധാരാള സമ്പത്ത് എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് സമ്പത്ത് എന്ന് പറയുമ്പോൾ പശുക്കളും മറ്റും മാത്രമല്ല സദ്ഗുണങ്ങളും സമ്പത്താണ് ഈ സമ്പത്തും ആയിത്തീരട്ടെ ഉള്ളവനാകട്ടെ ആണ് ആത്മവിദ്യയുടെ പ്രകടനത്തിൽ സാധാരണ ത്യാഗത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാം ഉപേക്ഷിക്കുന്നവനാകട്ടെ ഇവിടെ ഉപാസനയുടെ സന്ദർഭത്തിൽ സമ്പത്ത് ഐശ്വര്യങ്ങളെല്ലാം പറയും ഇതങ്ങനെ ആത്മീയതയും വേണ്ടി ചേരും അതിന്റെ ഭാഷകാരൻ പറയുന്നുണ്ട് ആത്മീയത എന്ന് പറയുമ്പോൾ സമ്പത്ത് വേണ്ടന്നല്ല ആത്മീയതയ്ക്ക് സമ്പത്തൊക്കെ ആവശ്യമാണ് പ്രത്യേകിച്ചും കർമ്മത്തിന് ഉപാസനയ്ക്ക് സമ്പത്ത് ആവശ്യമാണ് ഇവിടെ ിൽ താമസിച്ച് വേദാധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരിയാണ് പ്രാർത്ഥിക്കുന്നത് ആ വേദാധ്യയനം ചെയ്യുന്ന ഒരുവനാണ് കർമ്മം ചെയ്യേണ്ടത് വേദാധ്യയനം വേദാധ്യനത്തോടൊപ്പം കൊണ്ട് നിത്യസന്ധിയും മറ്റും പിന്നെ അത് കഴിഞ്ഞ് ഗുരുവൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ണ്ട് നിത്യ അഗ്നിഹോത്രിട്ടും ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണമെങ്കിൽ സമ്പത്ത് വേണം കർമ്മങ്ങളെല്ലാം ചിത്രശുദ്ധിക്ക് വേണ്ടിയ ചെയ്യും അല്ലെങ്കിൽ ദുരിതക്ഷയത്തിന് വേണ്ടി ആ ദുരിതക്ഷയത്തിന് വേണ്ടി കർമ്മം ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർമ്മം അടുത്ത് ഭാഷകാലം പറയും ധനം കർമാർത്ഥം ധനം കർമ്മത്തിന് വേണ്ടി വേണം കർമ്മച്ച ഉപാത്ത ദുരിതക്ഷയായ ദുരിതം ക്ഷയിക്കുന്നതിന് കർമ്മം വേണം പ്രകാശത്തെ ആ ദുരിതം ക്ഷയിച്ചാലേ ഒരുമന് വിദ്യ പ്രകാശിക്കട്ടവ ആവർത്തിച്ച് ശ്രവണവും മറ്റും ചെയ്താലും സാധനങ്ങൾ അനുഷ്ഠിച്ചാലും ദുരിതം ക്ഷയിച്ചാലേ വിദ്യ പ്രകാശിക്കും അപ്പോൾ ത്യാഗം എന്ന് പറയുന്നത് ആ ദുരിതം ക്ഷയിച്ചവൻ കർമ്മമൊന്നും ആവശ്യമില്ലാത്ത അവൻ പിന്നെ സ്ത്രീയും ഒന്നും ആഗ്രഹിക്കുന്നില്ല യശസ് ആഗ്രഹിക്കുന്നില്ല അവന് ദുരിതം ക്ഷയിച്ചിരിക്കുന്നോണ്ട് അവന്റെ സാധന ഫലവത്താകും ശ്രവണ മനനങ്ങളെല്ലാം വിദ്യാപ്രാപ്തിക്ക് ഹേതുക്കളാകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതിന് മുമ്പാണ് വേദാധ്യയനം ചെയ്യുന്നതേയുള്ളൂ പിന്നെ ദുരിതം ക്ഷയിച്ചിട്ടില്ലെങ്കിൽ അത് ക്ഷയിക്കണം അതിനുവേണ്ടി തന്നെ ആവശ്യമാണ് യേശസ്സും ആവശ്യമാണ് കാരണം അവൻ്റെ ജ്ഞാനത്തിലൂടെയും ഉപാസനയിലൂടെയും കർമ്മത്തിലൂടെയും എല്ലാം അവൻ പ്രശസ്തനാകണം അവൻ പ്രശസ്തനായാലേ പിന്നെ അവന് പിന്തുടർച്ചക്കാരെ കിട്ടും അവരിൽ നിന്ന് വീണ്ടും അധ്യയനം ചെയ്യുന്നതിനും മറ്റും അധ്യയനത്തിനും ഉപാസനയിലും മറ്റും ജ്ഞാനത്തിനും മറ്റും പ്രശസ്തനായാലും കിട്ടും അതിന് പ്രശസ്തി ആവശ്യമാണ് ഇതെല്ലാം മുഖ്യമായിട്ടും ആ വിദ്യാസമ്പ്രദായത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഇതെല്ലാം ആവശ്യമാണ് ഗുരുകുലത്തിൽ ബ്രഹ്മചാരികളെല്ലാം വന്ന് കഴിയുന്നു വേദാധ്യനം ചെയ്യുന്നു സമ്പത്തില്ലാതെ അത് സാധ്യമല്ല പഴയ ഗുരുകുലങ്ങളെല്ലാം വളരെ സമ്പന്നമായിരുന്നു ആയിരക്കണക്കിന് ഗോക്കണും ഗോസമ്പത്തും മറ്റും ഉണ്ടായിരുന്നായിരുന്നു സമ്പത്തുണ്ടായാലേ അത് നടത്തത്തില്ല വിദ്യയുടെ സമ്പത്തിനെ ആശ്രയിച്ചിട്ടാണ് ആധ്യാത്മികമായി പോലെ സമ്പത്തിന് വളര പ്രാധാന്യമുണ്ട് നമ്മളിഷനേ ഹസാ സ്വാഹ ശ്രേയാൻ വശിഷു വസാനി സ്വാഹ തം പ്രവിശാരി സ്വാഹ തം ബ്രഹ്മോഷം ത്വ ം ഹേ ഭഗ ഭഗവാന് പ്രവിശ്യ പ്രവിശ്യ അനന്യ ത്മീവ ഭവാനി ഭഗവൻ പറയുന്നു പിഞ്ച ഇവിടെ എന്താണോ യേ ഛന്ദസിഷോ എന്ന് പറഞ്ഞ് ആ ഓങ്കാരത്തിനോടാണ് ഈ പ്രാർത്ഥനകളല്ല തം ബ്രഹ്മണ കോശഭൂതം ബ്രഹ്മത്തിന്റെ കോശമാണ് പ്രതീകമാണ് ബ്രഹ്മത്തിന്റെ നാമമാണ് ത്വാ ത്വാം അങ്ങനെയുള്ള നിന്നെ ഹേ ഭഗ അലയോ ഭഗവൻ ഐശ്വര്യങ്ങളുള്ളവൻ ഐശ്വര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐശ്വര്യങ്ങളുള്ളവനാണ് പ്രാർത്ഥിക്കുന്നു പ്രവിശാന നിന്നെ ഞാൻ പ്രവേശിക്കട്ടെ നിന്നിലേക്ക് പ്രവേശിക്കട്ടെ പ്രവിശ്യ അനന്യത്വ ആത്മേവഭവാനി നിന്റെ സ്വരൂപമായി തീരട്ടെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ് ഏത് സാധനം ചെയ്താലും അത് എത്ര നിമ്ന തരത്തിലുള്ളതായാലും ശരി ഉയർന്ന ലക്ഷ്യം അത് മനസ്സിലാണ് അതിവിടെ ഇടയ്ക്ക് ഓർമ്മിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും പ്രശസ്തി ഒക്കെ ആണെങ്കിലും ആത്യന്തികമായിട്ടെന്താണോ ഞാൻ നിന്നോട് അനന്യനാണ് അനന്യ തത് ആത്മാവ ഞാൻ നിന്റെ സ്വരൂപമാണ് ഭവാനി പ്രവിശാനി നിന്നിലേക്ക് പ്രവേശിക്കട്ടെ എന്നാണ് പ്രവേശിക്കാന്ന് വെച്ചാൽ ഏകമാകുക ഏകീഭൂതനായിത്തീരട്ടെ എന്നാണ് അതിനുവേണ്ടി ഇതെല്ലാം വീണം എന്നാണ് ഇപ്പോൾ അതാകാൻ കഴിയുന്നില്ല ഭാവിയിൽ അതായിത്തീരണം ആശംസയാണ് ഭവാനി ഭ ലോട്ടിന്റെ രൂപം അങ്ങനെ സംഭവിക്കട്ടെ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം വേണം ഇതെല്ലാം കൊണ്ട് നേടേണ്ട പലതുമുണ്ട് തം ത്വാഭക പ്രവിശാനി സ്വാഹ സമാഭക പ്രവിശസ്വാഹ സത്വമഭിമാം ഭഗ ഭഗവൻ പൂജാവാൻ പ്രവിശ പറയുന്നു മറിച്ച് തൊമ പി നീ മാം ഭഗ ഭഗവൻ പൂജാവൻ പ്രവിശ എന്നിലേക്ക് പ്രവേശിക്കൂ ഞാൻ എന്നിലേക്ക് പ്രവേശിക്കട്ടെ നീ എന്നിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് ആവയൂഹോ ഏകത്വമേവോ വസ്തു നമ്മൾ ഒന്നാകട്ടെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് തികച്ചും ലൗകികമായ ആവശ്യങ്ങളാണ് പക്ഷേ അതിനിടയ്ക്കും ആത്യന്തികമായി ആ ഏകത്വം സംഭവിക്കണം നീം ഞാനും ഒന്നാകണം അതാണോ ഇവിടെ എല്ലാം ആവശ്യപ്പെടുക അപ്പം ഉപാസനെ വേണ്ടെന്ന് നിശ്ചയിക്കാൻ എന്തുകൊണ്ട് ആ ആ ഏകത്വപ്രാപ്തി വരെയുള്ള സർവ്വതവും ആവശ്യപ്പെടുകയാണ് പക്ഷെ അത് മാത്രം ആവശ്യപ്പെടാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അതിനുള്ള യോഗ്യത തന്നെ ഇത് അതിന്റെ യോഗ്യതകളെല്ലാം സമ്പാദിച്ച് ഒടുവിൽ അതായിത്തീരുക ഉപാസകൻ ശരിക്കും അനക്ഷ്യബോധമുള്ളവനാണ് തസ്മിൻ തൊയ് സഹസ്രശാഖി ബൂബേ ഭേദ നിമ്രജേ योजयाम्यहम पापकृत्या तस््रशाक निभाग अहमि नीन सर्गते എന്നുള്ള ക്രിയയോട് ചേർന്ന നിംബ്രജെ സഹസ്രശാഖകളോടുകൂടിവൻ നാനാഭേദങ്ങളോടുകൂടിയിരിക്കുന്നവൻ നാനാരൂപത്തിലിരിക്കുന്നവൻ ആയ എന്താണ് ശോധയാമി അഹം പാപകൃത്യം പാപകൃത്യങ്ങളെ ദുരിതങ്ങളെ അഹം ശോധയാമി ഞാൻ ശോധന ചെയ്യുന്നു ഞാൻ ശുദ്ധീകരിക്കുന്നു ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം സർവത്തെയും എന്താണ് ബഹുഭേദെ നാനാ രൂപത്തിലിരിക്കുന്നു നാനാരൂപത്തിലിരിക്കുന്ന നിണ്ടിൽ ഞാനെന്റെ പാപശോധന അത് ചെയ്യുന്നു എൻ്റെ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കുന്നു എന്നെ ശുദ്ധീകരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഉപാസന ഈ ഏകത്വം ഏകത്വത്തെക്കുറിച്ചറിയാം അത് വേദാധ്യയനത്തിൽ നിന്ന് തന്നെ ി ഈ വാക്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായി ഏകത്വം പക്ഷെ ആ ഏകത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല അതിന് തടസ്സമായിരിക്കുന്നത് പൂർവാർജിതങ്ങൾ അതുകൊണ്ട് പറയുന്നു എന്റെ ആ ദുരിതങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്നു ശോധന ചെയ്യുന്നു എല്ലാത്തിലും കർമ്മത്തിലൂടെ ഉപാസനയിലൂടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം അതാണ് ഇവിടെ സമ്പത്തും മറ്റും വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ സമ്പത്തൊക്കെ അതിനുവേണ്ടിയിട്ടാണ് മേധ വേണമെന്നാവശ്യപ്പെട്ടത് അതും അതിനു വേണ്ടിയിട്ടാണ് മേധയും സമ്പത്തും എല്ലാം കൊണ്ട് ഞാൻ എന്നെ ശുദ്ധീകരിക്കുന്നു നിന്നെ ആശ്രയിച്ചു നീയാണെങ്കിലും പല രൂപത്തിലുള്ളതാണ് അതിന് കർമ്മവും ഉപാസനയും എല്ലാം അധികം അതാണ് പല രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മസാക്ഷിയായിരിക്കുന്നു അങ്ങനെയുള്ള നിന്നെ ആശ്രയിച്ചിട്ട് ഞാനെന്നെ ശുദ്ധീകരിക്കുന്നു യഥാ ായ മാസ അഹർജനം ഇവിടെ ആചാര്യന്റെ ഭാഗത്തു നിന്ന് പറയേണ്ട കാര്യങ്ങളുമുണ്ട് അധ്യേതാവിന്റെ ഉണ്ട് പറഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് ഇത് അധ്യയനം ചെയ്യും ഭാഷകാലം പറഞ്ഞു അങ്ങനെ അധ്യയനം ചെയ്യുമ്പോൾ ആചാര്യന് വേണ്ട ഭാഗങ്ങൾ ആചാര്യ അധ്യേതാക്കൾക്ക് വേണ്ട ഭാഗങ്ങൾ അവർ രണ്ടും പ്രത്യേകം പ്രത്യേകം സ്വീകരിച്ചിടങ്ങുന്നു ചെല്ലുമ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കും എന്ന് വെച്ചാൽ ആചാര്യൻ ചിലത് തനിക്ക് വേണ്ടി ചൊല്ലും തന്റെ സങ്കല്പത്തിൽ ചൊല്ലും അധ്യേതാക്കൾ ശിഷ്യന്മാർ അവർക്ക് വേണ്ടി ചെലുത്തുള്ളൂ അതാണു പറഞ്ഞെന്താണ് എന്റെ പാപകൃത്യങ്ങളെല്ലാം നശിക്കണം അതിന് ഞാൻ നശിപ്പിക്കുന്നു അതിനാണ് ഈ ഉപാസന എന്നും മറ്റും പറഞ്ഞു ആചാര്യന് എന്താണ് ആവശ്യം ലോക ആപഹപ്രവത പ്രവണ്ണത നിമിന ദേശീയ നയന്തികച്ചന്തി എങ്ങനെയാണോ ലോകത്തിൽ ജലം താഴ്ന്ന ദേശത്തിലേക്ക് ഒഴുകുന്നത് പർവത പ്രവണത നിമ്നവത ദേശീയ നയന്തി സഹജമായി പ്രത്യേകിച്ച് ഒന്നൊന്നുമില്ല തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ താഴ്ന്ന ദേശത്തേക്ക് നദി അനായാസമായി ഒഴുകുന്നു അത് വേഗത്തിലൊഴുകുന്നു എങ്ങനെയാണോ സംവത്സരത്തിൽ വർഷത്തിൽ ഒരാണ്ട് അതിൽ മാസങ്ങൾ അന്തർഭവിക്കുന്നത് ഒരു വർഷം വളരെ വേഗം മാസങ്ങളിലൂടെ കടന്നുപോകുന്നു കാലം വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് കാലം അതിവേഗം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മാസങ്ങൾ മാസങ്ങളുണ്ട് കാലം വേഗത്തിൽ സഞ്ചരിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് കാരണം മാസം എന്ന് പറയുമ്പോൾ അത് മുപ്പത് ദിവസമുണ്ട് മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമുണ്ട് അതിൽ പല ആഴ്ചകളുണ്ട് അതിൽ പല ദിവസങ്ങളുണ്ട് അതിൽ തന്നെ ദിനരാത്രങ്ങളുണ്ട് പലത് അപ്പോൾ അത് നീണ്ടതാണ് നീണ്ടതാണെങ്കിലും കാലം വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ദിനങ്ങൾ പിന്നെ മുഹൂർത്തങ്ങൾ അതിലേക്ക് വന്ന് ക്ഷണത്തിലേക്ക് വരുമ്പോഴോ ക്ഷണരൂപത്തിൽ കാലം അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട് വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മനസ്സ് മനസ്സിന് സങ്കല്പ രൂപത്തിൽ എവിടെ പക്ഷെ കാലത്തെ സങ്കല്പിക്കാൻ പറ്റത്തില്ല ക്ഷണത്തെ മനസ്സ് ക്ഷണത്തെ കുറിച്ച് സങ്കല്പിക്കുന്നതിനകം ക്ഷണം മാറി നമ്മൾ പ്രതിക്ഷണം എന്ന് പറയുന്നു സങ്കല്പത്തിൽ ലേക്ക് വരുമ്പോൾ അടുത്ത ക്ഷണമായി ഒരു ക്ഷണത്തിൽ മനസ്സിനെ നിർത്താൻ കഴിയിട്ടില്ല ക്ഷണം തിവേഗത്ത് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് കാലം എങ്ങനെയാണോ അതിവേഗം സഞ്ചരിച്ചുകൊണ്ട് ദിനങ്ങളും വർഷങ്ങളും വർഷവും ഒക്കെ ആയി മാറുന്നത് അതിവേഗത്തിൽ മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു കാലം യഥാ മാസ അഹർജനം സംവത്സരോ അത് അതിലന്തർഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടുദ്ദേശിക്കുന്ന വേഗതയിൽ അത് കടന്നുപോകുന്ന അഹോ ഭീ പരിവർത്തമാണ പറയുന്നു ദിനത്തിന്റെ രൂപത്തിൽ പകലിന്റെയും രാത്രിയുടെയും രൂപത്തിൽ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാലത്തിനൊരിക്കലും സ്ഥായിത്വമല്ലോ രക്ഷണോ നിൽക്കുന്നില്ല കുറച്ച് സമയം കാലം വെറുതെ നിൽക്കാമെന്ന് വിചാരിക്കുന്നില്ല അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് പരിവർത്തമാനഹ നിരന്തരം അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകാൻ ജരേരി സർവത്തെയും പരിണമിപ്പിക്കുന്നു സർവത്തെയും സദാ മാറ്റത്തെയുണ്ടാകുന്നു സർവത്തിനും സദാമാറ്റത്തേണ്ട കാലമുണ്ട് അതിന് മാത്രമേ സർവത്തെയും മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ കാലത്തിന് മുമ്പിൽ സർവ്വവും ക്ഷണികമാണ് ക്ഷണ പരിണാമത്തിന് വിധേയമാണ് പ്രപഞ്ചം ആകമാണ് അതാണ് ലോകാൻ ജനയുതി അഹാനിവാൻ ജീര്യന്തി ജീർണിച്ചു പോകുന്നു കാലത്തിൽ സർവവും ജീർണിച്ചു പോകുന്നു കാലത്തിൽ ഈ പ്രപഞ്ചത്തിൽ സർവവും ജീർണ്ണിക്കുന്നെന്ന് പറയുമ്പോൾ എന്താണ് കാലവും ജീർണിച്ചു പോകുന്നു കാലം എങ്ങനെ ജീവനിക്കുന്നു വർഷങ്ങളായി മാസങ്ങളായി പക്ഷങ്ങളായി ദിനങ്ങളായി അത് നശിച്ചു പോകും ഒന്നിലൂടെ സ്ഥായിത്ത പ്രദക്ഷിണം ചിന്തിക്കാൻ കഴിയാത്ത വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അന്തർഭവന്തി അഹർജരഹ എങ്ങനെയാണോ കാലം അങ്ങനെ അഹർജരത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ജീർണതയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വേഗത്തിലാണോ ആ കാലത്തിന്റെ വേഗത്തെ സൂചിപ്പിക്കുകയാണ് ജലത്തിന്റെ വേഗത്തെ സൂചിപ്പിക്കുകയാണ് അതുപോലെ ആ വർഷത്തെ മാസം പ്രാപിക്കുന്ന പോലെ എന്ന് പറയുന്നു മാം ബ്രഹ്മചാരി ു ആഗഛന്തുദിഗ്ഭ്യൂടെചാര്യം പറയുന്നു ഈ ഗുരുകുലത്തിലേക്ക് സർവദിഖുകളിൽ നിന്നും ബ്രഹ്മചാരികൾ വന്നുചേരട്ടെ ഇതുപോലെ വേഗത്തിൽ വന്നുചേരട്ടെ മാസം വർഷത്തിലേക്ക് കിടക്കുന്നത് പോലെ എത്ര വേഗത്തിലാണോ അത് കടന്നു പോകുന്നത് കാലം എത്ര വേഗത്തിലാണോ കടന്നു പോകുന്നത് അതേ വേഗത്തിൽ എന്നു വെച്ചാൽ ധാരാളം ആണോ വേഗത്തിൽ വരുമ്പോൾ ധാരാളം ബ്രഹ്മചാരികൾ വേദാധ്യേതാക്കൾ കടന്നു വരട്ടെ ഒരു ഗുരുകുലം നമ്മുടെ ഒരു ആചാര്യനും പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളെ കിട്ടട്ടെ എന്നുള്ള ജ്ഞാനും വേദത്തിൽ ഉപദേശിക്കുന്ന കർമ്മം വേദത്തിലെ ഉപാസനകൾ ഇതിനെല്ലാം അധികാരികളായിട്ടുള്ളവർ ധാരാളം ഒത്തുകൂടി ഇതിന് പ്രചാരമുണ്ടാകട്ടെ വേദത്തിന്റെ പ്രചാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം പേർ ഇതിനെ സ്വീകരിക്കട്ടെ ധാരാളം പേർ സത്യത്തെ അന്വേഷിക്കട്ടെ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മോപാസനയെല്ലാം ആത്യന്തികമായി ആ പരമാത്മപ്രാപ്തിക്കണം അതേ പറഞ്ഞത് എന്താണ് ഞാൻ നിന്നിനോട് ഏകീഭവിക്കട്ടെ തം ത്വാഭക പ്രവിശാന സമാപക പ്രവിശ്യ സ്വാഹായ ആത്യന്തികമായി സംഭവിക്കേണ്ടത് ആത്യന്തികമായ സത്യസാക്ഷാത്കാരത്തിന് സർവരും യോഗ്യരായിത്തീരട്ടെ അതാണ് ഈ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ഫലം ആഗ്രഹിക്കുന്ന ഉപാസനയുടെ ഫലം അതുകൊണ്ടാണ് ഈ വേഗത്തെക്കുറിച്ചും മറ്റും പറയും ധാരാളം പേർ വരട്ടെ അപ്പൊ സർവരും ബ്രഹ്മചാരികളായി മാറട്ടെ സർവരും വേദ അധ്യയനത്തിന് സന്നദ്ധരായിത്തീരട്ടെ അതാണ് എൻ്റെ താൽപര്യം ഒരു നിഷേധാത സർവസ്യ വിധാത സർവഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സർവരും ഇതിന് തയ്യാറാകട്ടെ അത് വേദത്തിലൂടെ സംഭവിക്കണം വേദത്തെ സ്വീകരിച്ചുകൊണ്ട് സംഭവിക്കണം യു മിഥാത മാം ആയു ആഗ്യവസി പ്രതിവേശമസൃം ഇർ ം പ്രവിശ ഇവീലിനു പ്രതിവേശോസിശമാണ് പ്രതിവേശം എന്ന് പറയുന്നത് എന്താണിവിടെ ഭക്ഷ്യകാലം പറയുന്നു ശ്രമ അപനയനസ്ഥാനം ആസന്നഗൃഹം വഴിയമ്പലങ്ങളും പറ്റും യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നവർ പഴയകാലത്ത് മനുഷ്യവാസം കുറവായിരുന്നു ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ശ്രമ അപനയന സ്ഥാനം അവരുടെ ആ ക്ഷീണം മാറ്റുന്നതിനും വിശ്രമിക്കുന്നതിനുള്ള സ്ഥാനങ്ങളുണ്ടായിരുന്നു വഴിയും ബലങ്ങളും പറ്റും അങ്ങനെയുള്ള പ്രതിവേശം എന്ന് പറയുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് അവരുടെ ക്ഷീണം മാറ്റുന്നു വിശ്രമിക്കുന്നു സ്വസ്ഥതയെ പ്രാപിക്കുന്നു പ്രതിവേശോ നീ ഒരു പ്രതിവേശമാണം ഇവിടെ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഇവരെല്ലാം ഈ ജീവന്മാരെല്ലാം ദീർഘകാലമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വിശ്രമിക്കാനൊരു സ്ഥലം വേണം സമാഭകൃവിശ അവർ നിന്നിലേക്ക് പ്രവേശിക്കട്ടെ എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ിലേക്ക് പ്രവേശിച്ച് ആത്യന്തികമായ വിശ്രമം അത് നേരിട്ടെ അതിനുവേണ്ടിയാണ് ഉപാസനയും സമ്പത്തും ഐശ്വര്യവും എല്ലാം അവിടെ എത്തിക്കണം അങ്ങനെ വരുന്നു പ്രതിവേശ ശ്രമ അപനയനസ്ഥാനം ആസന്ന ഗ്രഹം ഇത്യർത്ഥം ഇവ പ്രതിവേശത്തെ പോലെ എങ്ങനെയാണോ ആ യാത്രികൻ വഴിയമ്പലത്തിൽ പ്രവേശിച്ച് വിശ്രമിക്കുന്നത് അതുപോലെ നിന്നിൽ വിശ്രമിക്കട്ടെ എന്നാണ് അപ്പോൾ ബ്രഹ്മചാരികളെല്ലാം വരണം നാനാഭാഗത്തും ഇത് അധികാരികളായിട്ടുള്ളവർ ആയി തീരണം സർവ തീർന്നവരെന്നായിത് സ്വീകരിക്കണം ഈ വിദ്യയെ സ്വീകരിക്കണം കർമ്മങ്ങളെ സ്വീകരിക്കണം ജ്ഞാനത്തെ പ്രാപിക്കണം അങ്ങനെ അവരെല്ലാം ആത്യന്തികമായ വിശ്രമത്തെ പ്രാപിക്കണം അതുകൊണ്ട് നീ പ്രതിവേശ നീ ഒരു വിശ്രമസ്ഥാനം പോലെയാണ് നാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നാം നിന്നെ ഉപാസിക്കുന്നവർ പറഞ്ഞു ഉപായങ്ങളിലൂടെ കർമ്മത്തിലൂടെ ഉപാസനയിലൂടെ എല്ലാം നിന്നെ ഉപാസിക്കുന്നവരുടെ സർവപാപ ദുഃഖ അപനയന സ്ഥാനം അസീ എങ്ങനെയാണോ വഴിയമ്പലത്തിലേക്ക് കയറുമ്പോൾ വേർപ്പും ക്ഷീണവും ദാഹവും എല്ലാം മാറി അവൻ സ്വസ്ഥനായിത്തീരുന്നു അതുപോലെ സർവപാപങ്ങളും ദുഃഖങ്ങളും അപനയന സ്ഥാനം അതിനെ ഇല്ലാതാക്കുന്നവനാണ് നീ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീ തന്നെ ഈ കർമ്മങ്ങളെയും ഉപാസനകളെയെല്ലാം വേദത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഈശ്വരൻ ഈ ദുഃഖങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്നു നേരിട്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളും ഉപാസനകളും ഉപദേശിച്ചുകൊടുക്കും അപ്പൊ അതെല്ലാം സദ്ബുദ്ധിയോടുകൂടി ഒരാൾ അനുഷ്ഠിച്ച അതെല്ലാം അയാളുടെ ആത്യന്തികമായ ദുഃഖം നിവർത്തി ഉപകരിക്കും അതുകൊണ്ട് നീ സനയുടെ ലക്ഷ്യം അതാണ് അല്ല ഇതൊന്നും മറന്നിട്ടില്ല ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു സാധാരണ മനുഷ്യന് ഐശ്വര്യം പ്രാർത്ഥിക്കുന്ന എന്താണ് ഐശ്വര്യം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അതല്ല ഇവിടെ ഒരു സാധകനാണ് പറയുന്നത് അതെല്ലാം എന്റെ പാപ അതോ മാം പ്രഭാഹി प्रभावते निस्वरूप प्रकाशिप കുടുംബാസം അതാണ് ലക്ഷ്യം ഇപ്പൊ സർവ സർവവും തൃജിച്ച് ആത്മനിഷ്ഠനായി മുക്തിക്ക് വേണ്ടി യോഗ്യതയുള്ളവർ കുറവാണ് സർവത്യാഗവും മറ്റും വളരെ യത്നസാധ്യമായ കാര്യങ്ങളാണ് ശ്രമം വളരെ ആവശ്യമാണ് നേരിട്ട് അതൊക്കെ സാധ്യവുമല്ല അതുകൊണ്ടിവിടെ ആ ക്രമമായ മാർഗത്തെ ഉപദേശിക്കുന്നു അത് കർമ്മങ്ങളിലൂടെ ഉപാസനകളിലൂടെ ആത്മശുദ്ധിയിലൂടെ നീ നിന്നെ വെളിപ്പെടുത്തണം എന്റെ ആത്മശുദ്ധിയിലൂടെ നീ നിന്ന് വെളിപ്പെടുത്തണം പ്രകാശി ആത്മാനം പ്രബദ്ധ്യമാം അത് മാത്രമല്ല അടുത്ത് പറയുന്നു ദ്യം പറഞ്ഞു പ്ര മാഭാഹി എനിക്ക് നിന്നെ പ്രകാശിപ്പിക്കൂ അടുത്തു പറയുന്നുവ പ്രപദ്സ്വ മാം രസവിധമോഹം ത്വന്മയം ത്വദാത്മാനും കുറുവിദ്യമിമ ലോഹം രണ്ട് ലോഹങ്ങളെ രസം ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുമ്പോൾ രസമെന്ന് പറയുന്നത് ഇവിടെ എന്താണ് ലോഹങ്ങളെ ഉരുക്കി ഒന്നാക്കുന്നതിന് ശേഷിയുള്ള രാസവസ്തു അതാണ് രസം എങ്ങനെയാണോ ആ രസം രണ്ടു ലോകങ്ങളെ ഒന്നാക്കിത്തേർക്കും ഉരിക്ക ഒന്നാകും ചെമ്പിനി സ്വർണത്തിൽ ഒന്നാക്കും അതുപോലെ രസവിദ്ധമ ലോഹം അതുപോലെ ത്വന്മയം സ്വതാത്മാനം ഗുരു എന്നെ നിന്റെ സ്വരൂപമാക്കുക നിന്നിലേക്ക് വിനയിപ്പിക്കുക ഇപ്പം രണ്ടായിരിക്കുന്നു എന്റെ അജ്ഞത കൊണ്ട് നീ വേറെ ഞാൻ വേറെ അങ്ങനെ രണ്ടായിരിക്കുന്നു എങ്ങനെയാണോ ആ രസം രണ്ട് ലോഹങ്ങളെ ഒന്നാക്കുന്നത് അതുപോലെ ആ രസത്തിന്റെ സ്ഥാനത്താണ് ഇവിടെ പറഞ്ഞ കർമ്മങ്ങളും ഉപാസനകളുമെല്ലാം ഇതെല്ലാം കൊണ്ട് ത്വന്മയം ത്വതാത്മാനം ഇതിന്റെ സ്വരൂപമാക്കി തീർക്കും ഈ ഭേദം അവസാനിപ്പിക്കുക ആണ് പ്രപദ്ധ്യസുക പ്രപദ്ധ്യസുക ഞാൻ നിന്നെ പ്രാപിക്കട്ടെ എന്നാ ആ പ്രാപിക്കൽ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയുന്നത് ഏകീഭൂതമായിരിക്കണം അവിടെ തന്നെ രണ്ടായി നിക്കാൻ പാടില്ല അത് നീ ചെയ്യണം എന്നാ നീ എന്നെ പ്രാപിക്കുക എന്നാ പറയുന്നത് ഞാൻ നിന്നെ പ്രാപിക്കട്ടെ നീ എന്നെ പ്രാപിക്കട്ടെ രണ്ടും പറയുന്നു ത്വന്മയും ത്വദാത്മാനം കുരു ശ്രീകാമ അസ്മിൻ വിദ്യാപ്രകരണെ അഭിധീയമാനു ബുധനാർത്ഥ ശ്രീകാമൻ ആണ് ഇവിടുത്തെ ഉപാസനം സ്ത്രീയെ കാമിക്കുന്നവനാണ് അവന്റെ ഉള്ളിൽ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിലും അവന് തൽക്കാലം തന്നെ കുറിച്ചറിയാം തനിക്കെന്താ വേണ്ടത് തനിക്ക് സ്ത്രീയാണ് വേണ്ടത് മേധയാണ് വേണ്ടത് അതറിയാം അതുകൊണ്ട് ശ്രീകാമനായിരിക്കുന്നവൻ ഐശ്വര്യത്തെ കാമിക്കുന്നവനായിരിക്കുന്നവൻ അസ്മിൻ വിദ്യാപിറങ്ങേ വിദ്യ ഉപാസന ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ് ഇവിടെ ഉപാസകൻ ഐശ്വര്യത്തെ കാമിക്കുന്നവനാണ് ഇവൻ അഭിധീയമാനഹ ധനാർത്ഥ പക്ഷെ ഇവിടെ എന്തിനു വേണ്ടി ധനത്തിനു വേണ്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞത് ആത്യന്തികമായി ഏകീഭവിക്കണമെന്ന് പറയണമെങ്കിലും തൽക്കാലം അവന് വേണ്ട ധനമാണ് സമ്പത്താണ് ഇനി എല്ലാം ഉപേക്ഷിച്ചവനായാലും ശരി സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല സർവോപേക്ഷിച്ചിരിക്കട്ടെ സർവസംഘ പരിത്യാഗിയായി സർവസംഗപരിത്യാഗിയാണെങ്കിലും അവനും അന്നവും ആച്ഛാദനവും കുറഞ്ഞത് ഇത് രണ്ടെങ്കിലും വേണം ഭാഷകാലം പറയുന്നതിനനുസരിച്ച് അത് സമ്പത്താണ് തന്റെ സമ്പത്താണെങ്കിലും അന്യന്റെ സമ്പത്താണ് ഭിക്ഷാരൂപത്തി സ്വീകരിക്കുന്നത് കൊണ്ടത് തൻ്റെതാകുന്നില്ല തന്റെ സമ്പത്താകുന്നുണ്ട് പക്ഷെ അത് അന്യന്റെ സമ്പത്താണല്ലോ അന്നം ഇപ്പൊ സർവസംഗ വരുത്തിയാകിയാണെങ്കിലും സമ്പത്ത് വേണം പിന്നെ വേണ്ട എന്നൊക്കെ ഭാവിക്കൂ പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് സ്വീകരിച്ചു ശരീരം നിർത്തണമോ സമ്പത്ത് വേണം ഇപ്പൊ സമ്പത്തിന്റെ പ്രാധാന്യത്തോട്ട് കൂടെ കുറച്ച് കാണിക്കുന്നില്ല അത് ആവശ്യമാണ് അങ്ങനെ നിന്ദിക്കുന്നില്ല സ്വാമിമാർ പറയും എനിക്ക് സമ്പത്തൊന്നും വേണ്ട സർവസംഘ പരിത്യാഗിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം വേണം ഇതാവശ്യമാണെന്നുള്ളതിന് ഇതിൻ്റെ ആവശ്യകതയെ ഓർക്കാതെ പറയുകയാണോ ഉപേക്ഷിച്ചവനാണെന്നൊക്കെ അതിന് നിരന്തരം അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് അത് സർവസംഘ പരിത്യക്കും അത് വേണമെങ്കിൽ ഉപാസകന്റെ കാര്യം പറയാനുള്ളൂ ബ്രഹ്മചാരിയുടെ കാര്യം പറയാനില്ല ബ്രഹ്മചാരിക്കും അത് കൂടിയേ തീരു സമ്പത്ത് കൂടിയേ തീരു പറയുന്നു ആ സമ്പത്ത് അതിനുവേണ്ടിയാണ് അവൻ ഉപാസന ചെയ്തത് സമ്പത്തൊക്കെ ഉപേക്ഷിച്ചവർ പിന്നീട് മനസ്സിലാക്കുന്നു ചെയ്ത് അബദ്ധമായി പോയിരുന്നു ഉപനിഷത്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നു ഇതൊക്കെ വേണ്ടതായിരുന്നു എന്നാണ് പറയുന്നു ഇത് വേണ്ടാത്തണെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു ഇനി പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ഇനി ഉപാസിക്കുക വീണ്ടും സമ്പത്ത് വരും ധനാർത്ഥ ധനം വേണം പറയും ധനം ചർമാർത്ഥം എന്തിനാ ധനം കർമ്മം നിർവഹിക്കണമെങ്കിൽ ധനം വേണം കർമ്മം ചെയ്യാൻ സാധിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന കർമ്മം പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് ദുരിതക്ഷയത്തിനുള്ള കർമ്മങ്ങൾ വേദത്തിൽ പറയുമ്പോൾ മുഖ്യമായി വൈദിക കർമ്മങ്ങളാണ് വൈദിക കർമ്മങ്ങൾ ചിലവുള്ളതാണ് നിത്യ അഗ്നിഹോത്രമായ ചെയ്യും അതിന് നെയ്യും വിറകുമെല്ലാം വേണം അതൊക്കെ ധനമാണ് അതില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യും അതുകൊണ്ട് ധനം കൂടിയേ ചെയ്തു ധനം ച കർമാർത്ഥം അതെന്നും വേണം എന്നും വേണം എന്നും വേണം എന്നാൽ കർമ്മം ചെയ്യാതിരുന്നൂടെ അപ്പൊ ധനം വേണ്ടോ ശരി കർമ്മം ചെയ്യാതിരുന്നാൽ ഭക്ഷണത്തിന് വേണ്ടി ധനം വേണം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലോ അതുപോലെ കർമ്മത്തിന് വേണ്ടി തന്നെ ധനം വേണം നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണ്ടേ അത് സമ്പത്തില്ലാതെ എങ്ങനെ അനുഷ്ഠിക്കും അപ്പോ ആദ്യം സമ്പത്തുണ്ടാക്കുക സമ്പത്തുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം അധ്വാനിച്ചാലല്ലേ വരും അധ്വാനിക്കാതെ സമ്പത്തുണ്ടാകും അപ്പൊ അധ്വാനിക്കുന്നു സമ്പത്തുണ്ടാകുന്നു ആ സമ്പത്ത് ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നു അത് ചെയ്യണമെന്ന് അവിടെ പറയുന്നു കർമ്മച്ച ഉപാത്ത ദുരിദക്ഷയായ പൂർവ്വജന്മങ്ങളിൽ ഉപാത്തമായ സമ്പാദിച്ച ദുരിതത്തിന്റെ ക്ഷയത്തിനുവേണ്ടി കർമ്മം ചെയ്തെത്തി കർമ്മ സമ്പത്തിനെ ആശ്രയിച്ചിട്ടാണ് അതെല്ലാം സമ്പാദിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് ദുരിതം ക്ഷയിക്കുമ്പോഴാണ് സമ്പത്തിന് ഉപേക്ഷിക്കേണ്ടത് ഇപ്പൊ സമ്പത്തിന് ഉപേക്ഷിക്കും ദുരിതം ക്ഷയിച്ച എങ്ങനെയുള്ള സമ്പത്തിനുപയോഗിക്കാം കർമാർത്ഥമുള്ള സമ്പത്തിന് കർമ്മത്തിന് വേണ്ടിയുള്ള സമ്പത്തിന് ഉപേക്ഷിക്കും അതിനാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പൊ ദുരിതം ക്ഷയിച്ചവന് സന്യാസത്തിന് അവകാശമുള്ളൂ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസത്തിന് അവന് മാത്രമേ അവകാശമുള്ളൂ സമ്പത്തിന്റെ ത്യാഗരൂപത്തിൽ സന്യാസിക്കുന്നതാണല്ലോ സമ്പത്താണല്ലോ തേജിക്കുന്നത് വേറെന്താ തേജിക്കാൻ അല്ലാതെ സന്യസിച്ചാലോ വീണ്ടും സമ്പത്തിനെ ആശ്രയിക്കേണ്ടി വരും വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരും അതാണ് നമ്മൾ കാണുന്നത് എല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കുന്നു പിന്നെ എല്ലാം സ്വീകരിച്ച് കർമ്മം ചെയ്യുന്നു അത് നിയമമാണ് വൈദികമായ നിയമം അല്ലെങ്കിൽ ഈശ്വരീയമായ നിയമം ആ നിയമത്തിൽ നിന്ന് ആർക്കും മാറാനൊക്കെ ഞാൻ ത്യാഗിയാണ് ഉപേക്ഷിച്ചവനാണെന്ന് വിചാരിച്ച് ത്യജിക്കാൻ സാധ്യമല്ല കാരണം തെജിച്ചിട്ട് ഓടിപ്പോയാലും എല്ലാം പിറകെ ഓടി വരും ത്യജിച്ചാലും വിടത്തില്ല തന്റെ കർമ്മം തന്നെ വിടത്തില്ല എന്നുവെച്ചാൽ തന്റെ ഉപാത്തമായ ദുരിതം അത് വിടത്തില്ല സമ്പാദിച്ചിരിക്കുന്നില്ല അത് കർമ്മരൂപത്തിൽ ഹിമാലയത്തിൽ ചെന്ന് അല്ലാതെ ഗുഹയിൽ അത് മുമ്പേ അവിടെ ചെന്നിരിക്കുന്നു ദുരിതം അപ്പൊ അവിടെ ഇരുന്ന് ആദ്യം അത് ചെയ്യേണ്ടി വരും ആ കർമ്മം ചെയ്യേണ്ടി വരും അതിന്ന് രക്ഷപ്പെടാനുള്ള അതുകൊണ്ട് പറയുന്ന ഉപാക്ത ദുരിതക്ഷയായ ആ ദുരിതക്ഷയത്തിന് കർമ്മം വേണം ശങ്കരാചാര്യര് കുറിച്ച് പറയുമ്പോ ശങ്കരാചാര്യ കർമ്മത്യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്യാഗമാണ് പിന്നെ അവിടെ കർമ്മത്തിന് സ്ഥാനമില്ല എന്നെല്ലാം നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് അബദ്ധമാണ് നിധി എന്ന് മനസ്സിലാക്കും കർമ്മത്തിന് അതിന്റേതായ സ്ഥാനം കൊടുക്കുന്നുണ്ടോ സിംഗരാജേഷ് അദ്വൈതം മനസ്സിലാക്കിയാൽ പിന്നെ ആരും കർമ്മം ചെയ്യത്തില്ല അതുകൊണ്ടാരും അദ്വൈതം പഠിക്കരുത് കർമ്മം നഷ്ടപ്പെട്ടു പോവും അങ്ങനെ കരുതണ്ട അദ്വൈതം കർമ്മത്തിനെതിരല്ല അത് കർമ്മത്തിന് അതിന്റേതായ സ്ഥാനമുണ്ട് ആ ദുരിതക്ഷയത്തിന് കർമ്മം ആവശ്യമാണ് എന്തുകൊണ്ട് തക്ഷയേ ഹി വിദ്യാപ്രകാശത എടുത്ത് പറയും മറ്റെന്തൊക്കെ ചെയ്താലും ശരി ശ്രവണം മനനം ജപം ധ്യാനം ഭക്തി യോഗം എന്തെല്ലാം ഏതെല്ലാ സാധനങ്ങളും ഓരോ അനുഷ്ഠിച്ചാലും ചെയ്യും ആത്യന്തികമായി അവനിൽ എന്ത് സംഭവിക്കണം വിദ്യ പ്രകാശിക്കണം ആത്യന്തികമായി അവനിൽ ആത്മബോധം പ്രകാശിക്കണം അത് ദുരിതക്ഷയത്തിലേക്ക് പറ്റും ആ ദുരിതക്ഷയത്തിന് മുഖ്യമായി ആശ്രയിക്കേണ്ടത് കർമ്മത്തെ തന്നെ അതിവിടെ ഭാഷകാലം സ്പഷ്ടമായി പറയുന്നു അതുകൊണ്ടാണ് ആ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഉപാസനയും കർമ്മത്തെയും എല്ലാം കൊണ്ടുപോകുന്നത് ഒരാൾ പറയുന്നു ശരി വിദ്യ പ്രകാശിക്കുന്നത് ദുരിതക്ഷയം കൊണ്ട് തന്നെയാണ് അപ്പം ഇന്നൽ ദുരിതമെല്ലാം ക്ഷയിച്ചിരിക്കുന്നു എനിക്ക് കർമ്മത്തിൻ്റെ ആവശ്യമില്ല ഉപാസനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ശരി സമ്മതിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കർമ്മത്തിന്റെ ആവശ്യമില്ല ഉപാസനയുടെ ആവശ്യമില്ല എന്താ എന്റെ അടയാളം നമ്മുടെ വിദ്യ പ്രകാശിക്കും അനന്തപ്രമാണം തഥാജസ്മൃതി ജ്ഞാനും ഉത്പദ്ധ്യത പാപകർമ്മം എന്നൊരു ഇവിടെ ഉള്ളിലിരിക്കുന്ന ആ സംസ്കാരം പാപസംസ്കാരം അതിന്റെ ക്ഷയം കൊണ്ട് പുംസാം ജീവന്മാർക്ക് ജ്ഞാനമുത്പദ്ധ്യതയെ ജ്ഞാനമുണ്ടാകുന്നു പാപക്ഷയം കൊണ്ടെന്ന് പറഞ്ഞാൽ ആ പാപക്ഷയം അയാൾക്ക് തത്വജിജ്ഞാസുണ്ടാകുക ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ അയാളുടെ യോഗ്യത എന്താണോ അതൊക്കെ ചെയ്യുക അതെല്ലാം ചെയ്യുമ്പോൾ ജ്ഞാനമുണ്ടാകുന്നു പക്ഷേ ജ്ഞാനോത്പത്തിക്ക് തടസ്സമായിരിക്കുന്ന ആ വിഘ്നങ്ങളെല്ലാം നശിക്കണം അപ്പോൾ കർമ്മത്തെ എങ്ങനെ അവഗണിക്കാൻ പറ്റും ഒരജ്ഞന് കർമ്മത്തെ അവഗണിക്കാൻ സാധ്യമല്ല അതാണ് ഇവിടെ ഭാഷകാരൻ ആ അതിനെ ഉദ്ധരിക്കുന്നത് യഥാ ആദർശ തലേ പ്രഖ്യേ പശ്യന്തി ആത്മാനം ആത്മനെയും മഹാഭാരതത്തിൽ നിന്നും എടുത്തിരിക്കുകയാണ് ആത്മാനം ആത്മനി എങ്ങനെയാണോ താൻ തന്നെ കാണുന്നത് അതിസ്വച്ഛമായിരിക്കുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്ക് എങ്ങനെയാണോ തന്നെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നിൽ ആത്മനെ ആത്മാനം തന്നെ പശ്യന്തി സാക്ഷാത്കരിക്കുന്നു എപ്പോ ആ പാപം ക്ഷയിക്കുമ്പോൾ അപ്പോൾ ശ്രവണാദി സാധനങ്ങളെക്കാൾ മുഖ്യമാണ് പാപക്ഷയം മുഖ്യമായതുകൊണ്ട് അതാദ്യം സംഭവിച്ചിരിക്കും എന്നാലേ ശ്രവണാദി സാധനങ്ങൾ ഫലപ്രദമാകത്തുള്ളൂ അതുകൊണ്ട് കർമ്മം വേണം കർമ്മത്തിന് ധനം വേണം അതിന് ഉപാസിക്കുന്നു ഇതിന് ഒരു വൈദികമായ പശ്ചാത്തലം കൂടെ ഉണ്ട് പക്ഷെ ഗുരുകുലത്തിൽ വരുന്നു ഉപനയനം ചെയ്യുന്നു ആചാര്യനിൽ നിന്ന് വേദാധ്യയനം ശീലിക്കുന്നു ധർമാർത്ഥകാമോക്ഷങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നു വിദ്യ പൂർത്തിയാക്കുന്നു അധ്യയനം പൂർത്തിയാക്കുന്നു സമാവർത്തനം കഴിയുന്നു ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നു അവിടെ ചെന്നവന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ആ ഒരു സന്ദർഭത്തിലാണ് അതിൻ്റെ ആവശ്യം വരുന്നത് കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അനുഷ്ഠിച്ച് ആത്മശുദ്ധിയെ വരിക്കും ഗുരുകുലത്തിൽ നിന്നും മടങ്ങിപ്പോകാത്ത ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം അതാവശ്യം ഗുരുകുലത്തിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് പോകുന്നു അവിടെ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ആത്മശുദ്ധിയെ പ്രാപിക്കുന്നു അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് മുഖ്യമായും ഈ കർമ്മത്തെക്കുറിച്ച് പറയും അവർക്കാണ് കർമ്മം അതാണ് വൈദികമായ പശ്ചാത്തലത്തിലുള്ള കർമ്മത്തിന്റെയും ഉപാസനയുടെയും അവർ കർമ്മം ചെയ്യുന്നു ശുദ്ധിയെ പ്രാപിക്കുന്നു തത്വജ്ഞാനത്തെ പ്രാപിച്ച് മോക്ഷത്തെ നേടുന്നു അതുകൊണ്ട് അവിടെ കർമ്മം കൊണ്ടുള്ള ശുദ്ധി ആവശ്യമാണ് ഇനി ബ്രഹ്മചാരിയാണെങ്കിലോ ഗാർഹസ്ഥ്യധർമ്മത്തെ സ്വീകരിച്ചില്ലെങ്കിലും ഗുരുകുലത്തിലെ ഉപാസനകൾ ബ്രഹ്മചാരിയായി ചെയ്യേണ്ട ഉപാസനകളും കർമ്മങ്ങളും അവിടെ കർമ്മം എന്ന് പറയുമ്പോൾ ഗുരുസേവ ഉപാസനകൾ എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞു പ്രണവ ഉപാസന പോലെയുള്ള ഉപാസനകൾ അത് ചെയ്ത് ആത്മശുദ്ധിയെ പ്രാപിച്ചത് ഏത് തരത്തിലായാലും ശരി ആത്മാനം ആത്മനി സ്വസ്വരൂപത്തെ ദർശിക്കണം അവിടെ ആത്മനി ഇവിടെ ശുദ്ധമാകുന്ന എന്താണ് സ്വന്തം മനസ്സാണ് അതാണ് ആത്മജി എന്ന് പറഞ്ഞു സ്വന്തം മനസ്സ് ശുദ്ധമാകുന്നു അവിടെ ആത്മാനന്ദനെ ദർശിക്കുന്നു ശുദ്ധമായ അന്ധക്കണ്ണത്തിൽ ആത്മപ്രകാശത്തെ അവൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അത് സാധ്യമല്ല അതുകൊണ്ട് ഇതിനെല്ലാം ഇവിടെ സമന്വീപ്പിച്ചിരിക്കുകയാണ് കർമ്മം ഉപാസന തത്വജ്ഞാനം മോക്ഷം ഇതെല്ലാം സാങ്കത്യം ഇതെല്ലാം ആവശ്യമുള്ളതാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു യശോ ജനേ അസാരിസ്വാഹ ശ്രയാന്വശ്യസോ അസാനിസ്വാഹ തം ്രവിശാനിസ്വാഹ ഭഗ പ്രവിശ സ്വാഹ തസ്മസ്രശാഖേ നിഭ അഹം आपह ആപ്രവത യഥ मासा അഹർജരം माम ിണ ആയു സ്വാഹ പ്രതിവേശോസി പ്ര ഭാഹി പ്രസ്വ